സർവത്തിൽ അവിവേനം അജ്ഞാനം അസഞ്ചനരഞ്ജനം ചില ദൂരതരയിൽ തവർ പൂജ ഇല്ലാതെ സാധന അവിവേകം വിവേകമില്ലാത്തവർക്ക് അജ്ഞാനം ജ്ഞാനമില്ലാത്തവര് നവിദ്യ ജ്ഞാനം എസ്മിൻ ജ്ഞാനം അല്ലാതെ ജ്ഞാനമില്ലാത്തവർ അസഞ്ജനരതി അസജ്ജനങ്ങളോട് കൂട്ടുകെട്ടുള്ള ഇതാണ് അസജ്ജനതി തൻ്റെ ശ്രേയസിനോ പ്രേയസിനോ ഒന്നും ഉപകരിക്കാത്ത മനുഷ്യരുമായിട്ടുള്ള കൂട്ടുകൾ ഇതാണ് സജ്ജന ഇങ്ങനെയുള്ള മനുഷ്യരെ ചില ദൂരതരെ തൃക്കുക പൂർണ്ണമായും ദൂരെ മാറ്റി പൂജനീയായി സാധുത സാധുക്കളെ പൂജിക്കേണ്ടതാണ് സാധു എന്ന് പറഞ്ഞാലോ സംസ്കൃതത്തിൽ സാധു എന്ന് പറഞ്ഞാൽ സാധുനോതി പരകാര്യതി സാധു എന്നാണ് ആ ശബ്ദത്തിന്റെ ഒരു കാര്യം അന്യരുടെ കാര്യം ചെയ്യുന്നവൻ അവനോട് സാധു അവിടെ അത് വിൽപ്പത്തി കണ്ടിട്ടു സാധുക്കൾ സാധുക്കളെന്ന് പറയും നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ സാധുക്കൾ എന്ന് പറഞ്ഞ പാവങ്ങളെന്നുള്ള അർത്ഥം നോർത്ത് ഇന്ത്യയിൽ ഇവിടെ പോയി സാധുക്കൾ എന്ന് പറഞ്ഞാൽ സന്യാസിമാരെ സാധുവെന്ന് പറഞ്ഞാൽ സന്യാസിന്ന പക്ഷെ സംസ്കൃതത്തിൽ സാധുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താർക്കും പല കാര്യങ്ങൾ ചെയ്യുന്നവൻ അന്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനാണ് സാധു സാധം പൂജനീയനെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ സാഹസം അണ്ണിനു വേണ്ടി എന്താ ചെയ്യുന്നു ഇവിടെത്ര അഭിവേകി ഒഴിവാക്കുന്നു അറിവില്ലാത്തവരെ ഒഴിവാക്കുന്നു ചീത്ത പൊട്ടിക്കുക പ്പെടുന്നവർ ഒഴിവാക്കും ഇവിടെ ഈ തുടർന്നവരോ ഭാഗങ്ങളിലും എല്ലാം പ്രാധാന്യം കൊടുക്കുന്ന അറബിനാണ് ശരിയായ അറബ് അപ്പോ സാധു എന്ന് പറഞ്ഞാൽ പരനുപകാരം ചെയ്യുന്നവനാണ് അറിവ് പകർന്നു കൊടുക്കുന്നവനെന്ന് പറഞ്ഞാലും പോരാ എന്തുകൊണ്ട് പോരാ ശരിയായ അറിവ് പകർന്നു കൊടുക്കുന്നതുകൊണ്ടായിരിക്കുന്നു ശരിയായ അറിവ് നേടാൻ മനുഷ്യന് മാത്രമേ കഴിയൂ വേറെ കഴിയൂ ഓരോ പ്രാണികൾ കഴിയത്തില്ല എല്ലാ പ്രാണികൾക്കും അറിവ് നേടാൻ പറ്റും എല്ലാ പ്രാണികളും ചെറിയ കുട്ടിക്കാലം പോലെ തന്നെ എല്ലാ പ്രാണികളും അറിവ് നേടുന്നു പക്ഷെ ശരിയായ അറിവ് നേടാനുള്ള ആ ഫാക്കൾട്ടി മനുഷ്യൻ്റെ അവന് ശരിയായ അറിവ് എന്താണ് ഇവിടെ പറയുന്നത് ശരിയായ അറിവ് ശാസ്ത്രത്തിൽ പറയുന്നത് ശരിയായ അറിവ് മനുഷ്യന് മാത്രം അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിലൊന്നും നിൽക്കുന്ന ആളല്ല അതൊന്നും അതിലൊക്കെ ഉൾക്കൊള്ളിച്ചാൻ പറ്റിയാലോ പിന്നെന്താണ് ശരിയായ ഒറ്റച്ചോ എന്താണ് ശരിയായത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശരിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നതാണ് അതുപോലെ ആയിരം വർഷം മുമ്പ് ഏതൊരറിവണ്ണോ അവരങ്ങനെ കരുതി അറിവിനെ കുറിച്ചൂടെ പറയും പിന്നെ അത് തന്നെയായിരിക്കും നിർബന്ധമൊന്നും നമ്മൾ ആയിരം വർഷം മുമ്പോടാണ് മനുഷ്യന്റെ കാഴ്ചപ്പാടും ഇപ്പൊ മനുഷ്യനെ സ്വതന്ത്രമാക്കുന്ന അളന്ന് പറയുമ്പോൾ മനുഷ്യനെ എന്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു ആന്തരികമായ പ്രകൃതി അവനെ ബന്ധിക്കുന്ന അവന്റെ ആന്തരിക പ്രകൃതിയിൽ നിന്നും അവന്റെ ബാഹ്യമായ ഈ ബാഹ്യപ്രകൃതിയിൽ നിന്ന് ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നാനാ തരത്തിലുള്ള അറിവുകളുമൊക്കെ മനുഷ്യൻ എപ്പോഴും കൂടി തന്റെ ആന്തരികമായ പ്രകൃതി നിന്നും ഭാഷമായ ഈ പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്താ ആന്തരികമായും അവരിൽ നിന്നും ബാക്കിയുള്ളവർ നിന്നുമെല്ലാം രക്ഷപ്പെടണമെന്ന് മനുഷ്യൻ എന്തുകൊണ്ടാഗ്രഹിക്കുന്നു അതൊക്കെ അവരെ ബന്ധിപ്പിക്കുന്നു മനസ്സിലാവുന്നു പ്രകൃതി തന്നെ ബന്ധിപ്പിക്കുകയാണ് പഴയ ജാതകം പഴയ ഏറ്റവും പ്രാചീനമായ സംഖ്യന്മാരും പറഞ്ഞു വരുന്ന കാര്യം പറയുന്ന രീതികൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ളൂ ഒരു പുതിയ കാര്യമല്ല അന്തരിയും ബാഹ്യവുമായ പ്രകൃതികൾ ബന്ധിപ്പിക്കുന്നു ആ ബന്ധനത്തിൽ നിന്ന് അവന് മോചനം നേടണം ആ മോചനം മനുഷ്യന് മാത്രമേ സാധിക്കും മാത്രമല്ല നമ്മുടെ ഈ ശാസ്ത്രത്തിൽ പറയുന്നത് അത് ഒരേ ഒരുപാട് അതറിവാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് മാത്രമേ സഹായിക്കൂ അങ്ങനെ സ്വാതന്ത്ര്യത്തിന് സഹായിക്കുന്ന അറിവ് ഇല്ലാത്തവനാണെങ്കിൽ അജ്ഞാനും അസഞ്ജന രീതിയുള്ളവൻ അവനാണ് അസജ്ജനങ്ങൾ അങ്ങനെ അറിയില്ല അവരോടുള്ള കൂട്ടുകെട്ടുകൾ ആരും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പാടില്ലാതെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെയുള്ള അറിവ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അറിവ് പകർന്നു തരുന്നവർ അവർ പൂജനീയരാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ നിന്ന് അറിവ് നേടണം എന്താണോ തന്നെ സ്വതന്ത്രം സഹായിക്കുന്നത് ഇവിടെ പരമാവധി പ്രാധാന്യം കൊടുക്കുന്നു വിദ്യ സജ്ജന സമ്പർക്ക വിവേകപജാ വിവേക പാദസൈവ നിത്യം സജ്ജന സമ്പദ് സാധവും ആണ് സജ്ജനം ശരിയായ അറിവ് പകർന്നു കൊടുക്കുന്നുവൻ അവനിൽ നിന്നെന്തുണ്ടാവുന്നു വിവേകാൻ വീണ്ടും അത് എല്ലാറിവുണ്ടാകുന്നു വിവേക വിവേകമാകുന്ന വൃക്ഷത്തിന്റെ അതിൻ്റെ ഫലം തന്നെയാണെങ്കിൽ ഭോഗം മോക്ഷവും ഭോഗവും മോക്ഷം മോക്ഷമാണ് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം ഭോഗമെന്ന് പറയുമ്പോൾ അതിനെ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മനുഷ്യൻ എന്തൊക്കെ സമ്പാദിക്കുന്നു അതെല്ലാം ഭോഗത്തിൽ വരും അവന് ഉപയോഗമില്ലാത്ത മനുഷ്യനവൻ്റെ ജീവിതത്തിൽ ഉപയോഗമുള്ള ഉപയോഗമില്ലാത്ത ആ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആത്മീയമായ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യം നേടുന്നതിന് നമ്മൾ നല്ലതെന്തൊക്കെ മനസ്സരി അവൻ ശേഖരിക്കുന്നു സമ്പാദിക്കുന്നു അതൊക്കെ ഇതെന്താണ് ഇത് രണ്ടും അറിവിന്റെ ഫലങ്ങളാണ് അറിവാകുന്ന വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്നത് അപ്പൊ രണ്ടും അറിവിനോടെ സാധിക്കാൻ പറ്റും ഗോപവും മോക്ഷം മനുഷ്യൻ മോക്ഷത്തിന്റെ കാര്യം പോട്ടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പോട്ടെ ഈ ലോകത്ത് ഈ പ്രകൃതിയുടെ ബന്ധനത്തിൽപ്പെട്ട് എന്തുകൊണ്ടാണ് മനുഷ്യനും കഷ്ടപ്പെടുന്നത് അറിവില്ലായ്മ പോലും ഒരു രോഗമാണ് തീർച്ചയായിട്ടും മനുഷ്യൻ കഷ്ടപ്പെട്ടു അപ്പോ രോഗം വരുന്നവനെന്തെങ്കിലും രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു അറിവും ഉള്ള രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് തന്റെ പരിണാമത്തെക്കുറിച്ചൊക്കെ അവനും ബോധമുണ്ടാവണം അവനും ബോധമുണ്ടാവണമെങ്കിൽ അവനെന്തെങ്കിലും സ്വയം ബോധമുണ്ടാകും അവനൊരു ഡോക്ടറണം അപ്പൊ അവിടെ അവൻ തീരുമാനിക്കണം എന്റെ ഈ രോഗത്തിനു പറ്റിയ ഡോക്ടറെ അതിനും അറിവ് വേണം ഡോക്ടറെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ രോഗത്ത് ചികിത്സിക്കാനുള്ള അറിവ് ഡോക്ടറെ അറിവ് വേണം പിന്നീട് ഡോക്ടർ ചികിത്സ തുടങ്ങുന്നു അപ്പോൾ ആ ചികിത്സയെ ശരിയായ രീതിയിൽ പിന്തുടരാനുള്ള അറിവിൽ രോഗിക്ക് വേണം ഇവിടെയെല്ലാം എന്താണ് അറിവു അറിവിലൂടെയാണ് രോഗം ആരോഗ്യമുക്തി എന്ന് പറയുമ്പോൾ രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതാണ് അതിന്റെ ത്തിലെ ഭവെന്ന് പറയുന്നത് ഏതെല്ലാം തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങളുണ്ടോ ഓരോരസ്വാതന്ത്ര്യങ്ങളും അവന്റെ പ്രകൃതി അവനെ ബന്ധിക്കുക ഇതുപോലെ എല്ലാ കാര്യവും മതം വിശ്വാസങ്ങൾ രാഷ്ട്രീയം എല്ലാ കാര്യങ്ങളും അവനെ ബന്ധിക്കുന്നതാണ് അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം ഒരാൾ സജ്ജന സംസർഗത്തിലൂടെ അതിൽ നിന്നെല്ലാം മോചനം അത് ഇഹലോകത്തിനും അതാവശ്യമാണ് എന്നുവെച്ചാൽ ഇഹലോക ജീവിതത്തിനും അങ്ങനെ ഒരു പരിപൂർണമായ സ്വാതന്ത്ര്യം അതിനും ആവശ്യമാണ് അനും മോക്ഷവും കൂടി അതുകൊണ്ട് അറിവിൻ്റെ ഫലങ്ങളാണ് ഭോഗവും മോക്ഷവും ഫലേശം നല്ലൊരാശയമാണ് വളരെ മനോഹരമായൊരാശയം അറിവ് അറിവിനെ സേവിക്കുക ജീവിതകാലങ്ങളും അറിവിനെ ആർജിക്കാൻ വേണ്ടി മാറ്റി എല്ലാത്തിൽ അറിവിനെ ആ അറിവിൻ്റെ സഹായത്തോടുകൂടി എന്താണ് നമ്മുടെ ഈ ജീവിതം അത് സ്വതന്ത്രമാക്കന്ത്രത്തിന്റെ പരമ കാഷ്ടയാണ് ഇവിടെ പറയുന്ന മരണശേഷം എന്ത് സംഭവിക്കുമെന്നോ അത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതൊക്കെ വിശ്വാസത്തിന്റെ വിഷയം വിശ്വാസത്തിൽ നിന്ന് മോചനം നേടേണ്ട ഒരു വലിയ അടിയന്തിരമായ ആവശ്യമാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കില്ല എന്ന് ക്രൂശിക്കാൻ വരട്ടെ ഞാൻ ഉപേക്ഷിക്കുന്ന എന്താണ് അന്ധമായ പ്രാകൃതമായ വിശ്വാസം അതിൽ നിന്ന് മോചനം നേടുവാന്ന് പറയുന്നത് എന്താണ് നല്ല ഒരു വിശ്വാസം ഇവിടെ പറയുന്ന തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഉപകരിക്കുന്നതാണ് നല്ലതാണോ വിശ്വാസം ദോഷമൊന്നുമില്ല അത് വിശ്വാസം നമ്മളെങ്ങോട്ട് നയിക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്കാണോ അതോ ബന്ധനത്തിലേക്കാണോ അപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നു നല്ല വിശ്വാസമാണ് ചീത്ത വിശ്വാസമാണ് ഒരുവന്റെ വ്യക്തി ജീവിതത്തിൽ ആ വ്യക്തി ജീവിതത്തിന്റെ മേലിൽ അവന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസം അനന്ധവിശ്വാസവും ഏറ്റവും നല്ല ഉദാഹരണം എന്താണ് ജ്യോതിഷ ഇപ്പൊ നടക്കുന്ന സംഭവ സംഭവങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം ചെന്താംബരയെക്കുറിച്ച് കേട്ടായിരുന്നു ചെന്താംബര നിൽക്കുന്ന മൂന്നാല് പേരെ കൊള്ളു എന്താ കാരണം കൊല്ല അറിഞ്ഞു വളരെ ക്രൂരമായി പോകുന്നു ഒരു കുറ്റപൊന്നുമില്ലാതെ അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കൊല്ലാൻ കാരണം അയാളുടെ ഭാര്യയാണ് അയാളോട് പിണങ്ങിപ്പോയി എന്താ ഭാര്യ പിണങ്ങിപ്പോ പോകാൻ കാരണം എന്നുള്ളത് അയാൾ പോയൊരു ജോഡ്സിയോട് കൂടി പോയി ഇയാളുടെ സ്വഭാവം അവശേഷം കൊണ്ടായിരിക്കും പക്ഷെ അയാൾ എല്ലാവർക്കും അവരവരുടെ സ്വഭാവത്തെക്കുറിച്ച് വലിയ മതിപ്പാണല്ലോ ജോൾസീന്ന് പറഞ്ഞ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നീളമുള്ള തലമുടിയുള്ള ഒരു സ്ത്രീയാണ് അവര് കാരണം കൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ നോയിപ്പോയു ഇയാൾക്ക് വൈരാഗ്യം മയ്യളന്വേഷിച്ചു കിടന്നു അടുത്തൊരു സ്ത്രീക്ക് തലമുടിക്ക് കുറച്ച് നീളം കൂടുതലായിരുന്നു ആദ്യം അവരെ തട്ടി പിന്നെ ആ കുടുംബത്തിലുള്ള രണ്ടുപേരെ തട്ടി എന്നി സ്വന്തം മേലുള്ള കണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഇത് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ ഒരിക്കലും ഗുണം ചെയ്യും അത് അസ്വാതന്ത്ര്യത്തിൽ നിന്നും മനുഷ്യനെ അസ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകത്തെയോ ഒരിക്കലും ഇതിന്റെ പിടിയിൽപ്പെട്ടു പോകും ഈ കഴിഞ്ഞ നടന്ന സംഭവം ഇപ്പോൾ അതിന്റെ എൻ്റെ വരും കടന്നുകൊണ്ടിരിക്കും ഇപ്പം ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ നടത്തുന്ന ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് വളരെ ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കൊലപാതകങ്ങൾ വലിയൊരളവ് ചെയ്ത വിശ്വാസികളാണ് കൂടുതലും നിലയാന്നൊരു കൊലപാതകം നടക്കാതെ ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് എന്താണ് ഈ സംഭവത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പൂജാരിമാര് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൊല്ലുന്നത് കൊണ്ടാന്ന് അതെന്താണ് അസ്വതന്ത്രമായ വിശ്വാസം വിശ്വാസം അവരെ എന്ത് വിശ്വാസത്തിന് തന്നെ അടിപൊളി സ്വന്തം ജീവിതം സ്വന്തം കയ്യിൽ നിന്ന് പോകും എവിടെയൊക്കെ പോകും അവർ ക്രൂരന്മാരായ സ്വന്തം ജീവിതത്തിന്റെ മേലിലുള്ള തന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിശ്വാസത്തിനും തന്നെ ബലിയടാക്കി തന്നെ അടിയറുപോയ് അതാണ് നമ്മുടെ ദോഷം അതുകൊണ്ടാണ് ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ പറയുന്നത് അന്ധമായ വിശ്വാസങ്ങൾ മനുഷ്യനെ അങ്ങനെ അന്ധമായ വിശ്വാസത്തിലേക്ക് പ്രേരിപ്പിക്കുക ഇതിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് മതം രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം പത്തിരത്തി ഒന്ന് മുപ്പത് പേര് മരിച്ചു അറുപത് പേര് ചികിത്സയിലാണ് എന്താണ് കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് വളരെ ഭയങ്കരമായ പ്രചാരണം കൊടുത്ത് സാധാരണ മനുഷ്യനെയൊക്കെ ബോധവത്കരിക്കുകയാണ് ഞാൻ പറയുന്ന ആർത്ഥം ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്കറിയാം കാരണം ഇഷ്ടപ്പെടാത്ത അതിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം എന്താ പറയുക മനുഷ്യനങ്ങനെ ബോധവൽക്കരിക്കുന്നു എത്ര കാലം ഈ പരസ്യങ്ങൾക്കാം ആശം കൊടയ്ക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ പരസ്യം കിടക്കുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ മോക്ഷം കിട്ടും ഈ മോക്ഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധമില്ലാത്ത വിദ്യാഭ്യാസമുള്ള അറിയുന്ന നിരക്ഷരല്ല എന്ന് വെച്ചാൽ ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് ആൾക്കാരാണ് അവർക്ക് ഒന്നിന്റെ അറിവില്ല എന്താണ് എന്താണ് മോക്ഷവും ഈ മനുഷ്യരിൽ എന്തെയ്യുന്നു പിടിച്ചു കയറും ഇങ്ങനെ ഒന്നോ രണ്ടോ ആണ് ഓടിക്കണ അപ്പോ അത് അതിന്റെ അതിന്റെ നിയന്ത്രണം ഈ പരസ്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പോവും അവരുടെ കുറ്റമല്ല ആരുടെയും കുറ്റമല്ല അത് ബോധശൂന്യമായ മനുഷ്യരെന്തെയ്യുന്നു പിടിച്ചു കയറുമ്പോ ദുരന്ത സംഭവിച്ചു സ്വന്തം ജീവിതം സ്വന്തം കയ്യിൽ കുറച്ചു കാലം കൂടെ ഒക്കെ ജീവിച്ചിരിക്കേണ്ടവരാണ് സൂചിച്ചാലും ദുഃഖിച്ചാലും എന്റെ വെറുതെ സ്വന്തം ജീവിതമൊക്കെ കൊണ്ടുപോയി ഹോമിച്ചു എന്തിന്റെ കയ്യില് ഒരു പാഴ് വിശ്വാസം നിങ്ങളാരും പോയി മുങ്ങാത്ത ഭാഗ്യം അതുകൊണ്ട് ഈ ഗ്ലാസ് എടുക്കാൻ എല്ലൂടെ അവിടെ പോയി പോകിയിരല്ലേ ഞാനും പണിയില്ലാത്തവരും മനുഷ്യന്റെ അമൃത പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ മനുഷ്യങ്ങൾ വിശ്വസിക്കും തലങ്ങിയ വെള്ളമാകുംക്കോട്ടെ അഴുക്ക് വെള്ളമായിക്കൊള്ളട്ടെ അതിപ്പോയി മുങ്ങിയ മോശം കിട്ടു ഈ മുങ്ങൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ജലവിതരണ വകുപ്പ് ഇതിൻ്റെ സംഘാടകരെ അറിയിച്ചു ഈ ജലം മുഴുവൻ എന്താണ് പോളിഫം ബാക്ടീരിയ ആണ് മനുഷ്യന് മുങ്ങാൻ പറ്റിയ ജലമല്ല ഇത് നിങ്ങൾ ആരെങ്കിലും ഈ മുങ്ങാൻ പോകുന്നവരിത് വായിച്ചിട്ടുണ്ടോ അത് ഗവൺമെന്റ് സംവിധാനങ്ങളായിരുന്നു പറഞ്ഞത് അവിടെ മുങ്ങാൻ പറ്റിയ വെള്ളമല്ല മുഴുവൻ പോളിപ്പം ബാക്ടീരിയ എന്ന് വെച്ചാൽ ഇതാണ് മനുഷ്യ വിസർജ്യത്തിൽ അതുകൊണ്ട് അവിടെ മുങ്ങരുത് അത് മുങ്ങാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞാൽ ഇരങ്ങനെ ശുദ്ധിയാക്കും പറയുന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് രണ്ടു വലിയ മഹാനദികളെ ശ്രദ്ധമാക്കണമെങ്കിൽ അതിന് കോടിക്കണക്കിന് ബില്യൺ ഡോളർ വേണം അങ്ങനെ ശുദ്ധിയാക്കാൻ പറ്റും പിന്നെ ഈ വരുന്ന മനുഷ്യരെന്താ ചെയ്യുന്നത് എന്തൊക്കെ സംവിധാനങ്ങൾ വെച്ചാലും ഇതിനെ വീണ്ടും ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് ഒരു ഭക്ത ശരിയായ ഭക്ത അല്ലാതെ എന്താണോ യോഗിയുടെ മോഡിയുടെയും വിരോധിയൊന്നും ഉണ്ട് മുമ്പേ കരയുന്ന വിളക്ക് ഇറങ്ങി എന്താണോ ഇതിന്റെ പരിസരം മുഴുവൻ മനുഷ്യന്റെ മനുഷ്യൻ വിസർജ്ജനം ചെയ്തിരിക്കണം മനസ്സിലായത് ഇതിന്റെ പരിസരം മുഴുവൻ മനുഷ്യന് വിസർജ്ജനം ചെയ്തിരിക്കയാണ് ഇതെന്ത് മനുഷ്യന് ബോധവുമുണ്ട് മനുഷ്യർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവിടെയുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കപ്പോഴ്സാണ് അത് വൃത്തിയാക്കാനുള്ളത് അയ്യായിരം ജോലിക്കാരാണ് അവിടെ കൂടിയ ആൾക്കാരൊക്കെ ഓടികളുടെ കണക്കാ പറയുന്നത് ഇവന് പിന്നെ ഈ നദീതീരത്തില എവിടെ പോകും ഓടിക്കണമെങ്കിൽ മനുഷ്യരിക്ക് ഇവിടെ നിർവഹിക്കും അത് മനുഷ്യർക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ല ഇത് കണ്ട്രോൾ ചെയ്യുന്നതെന്ന് ഓടി വന്നായിട്ട് അവർ വിളിക്കരുത് അത് കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ബോധമില്ലാത്ത പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ എന്താണ് മനുഷ്യനെ ബോധവൽക്കരിക്കുക ഇത്തരം കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും വിശ്വാസമുള്ളവരുണ്ട് അവിടെ കുളിച്ചാൽ മോക്ഷം കൊണ്ടുവന്നൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ തിരട്ടൊന്നും ഇല്ലാത്ത സമയത്ത് പോയി കുളിച്ച് മോക്ഷം നേടി വരുക എന്താ കുഴപ്പം എല്ലാം നടക്കുമല്ലോ വിശ്വാസികൾ നമ്മൾ എന്തിനുസാഹപ്പെടുത്തുന്നു പക്ഷെ എന്തിനു പോയി മരിക്കണം എന്തുകൊണ്ട് സംഭവിക്കുന്നു ബോധവില്ല കഥകളില്ല അനന്തരം പ്രകൃതി എന്ത് ചെയ്യുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞു സ്വന്തം ജീവിതം സ്വന്തം കൈയിൽ നിന്നും നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുത്തുന്നതാണ് മനുഷ്യന്റെ അന്ധവിശ്വാസം അങ്ങനെയുള്ള വിശ്വാസങ്ങളും ഇല്ലാതാക്കുന്നതാണെന്ത് അറിവെന്ന് പറയുന്നു അപ്പൊ ശരിയായ അറിവ് സ്വന്തം ജീവിതം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളയത്തില്ല ഇനി വേറൊരു ദിവസമുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഉത്സവം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോവാം കാണാം കുഴപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ കണ്ടിട്ടുള്ള വലിയ ഒരു ഉത്സവമാണ് അത് കാണണം എന്നുള്ളത് പോയി കാണണം പക്ഷെ വളരെ കരുതല്ലോ അവിടെ ചത്തുപോകാതെ പോയിട്ട് തിരിച്ചു വരണം നമ്മളെ ആർക്കെ രക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിൽ പെട്ടുപോയാലും മോക്ഷമായിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല മോക്ഷമായിട്ട് അവിടെ തന്നെ അവസാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കുംഭമേണയ്ക്ക് അന്ന് ഇതൊന്നുമില്ലല്ലോ പത്രങ്ങളില്ല ജനങ്ങളില്ല ഇതൊന്നുമില്ല ജനങ്ങളുണ്ട് ബാക്കി അന്ന് അവിടെ മരിച്ച ആൾക്കാരെ ഇന്നത്തെ പോലെയുള്ള ഒരു സംവിധാനം എല്ലാത്തിനും കൂടെ ആ ഈ പറയുന്ന മോക്ഷം കിട്ടുന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് കത്തിക്കുകയായി ഒരുമിച്ചിട്ട് പുല്യവിവാഹം അന്വേഷണം നടന്ന കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് ഇന്നതുപോലെ കണ്ടുപിടിക്കാൻ ആരെവിടെ നിന്ന് വന്ന് ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് ഇതുവരെ കണ്ടെത്താത്തവരുണ്ട് തിരിച്ചറിയാത്തവരും വന്നെന്തായിരിക്കും അമ്പത്തിനാലും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇതൊക്കെ മനുഷ്യന്റെ അനുഭവമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് പലതവണ എല്ലാ തവണയും അവർ എന്നാലും മനുഷ്യർ ബോധമുണ്ട് മനുഷ്യരെ കുറ്റം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവരെ മോഹിപ്പിക്കുകയാണ് ഒരന്ധതയിലേക്ക് നയിക്കുകയാണ് ഇതൊക്കെ തുറന്നു പറയുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്നോട് വിരോധം തോന്നി ഇതൊക്കെ പറയാൻ പാടില്ല നമ്മുടെ കാര്യമില്ല അപ്പൊ എന്താണ് വിവേകം അറിവ് അതാണ് ആവശ്യം അന്ധമായ വിശ്വാസത്തിൽ നിന്നുള്ള മോചനം നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോൾ അതെല്ലാം അനുപോ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിമുറുത്തൽ നമ്മുടെ കയ്യിൽ തന്നെ വേണമെങ്കിൽ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ കളഞ്ഞിക്കുക എനിക്ക് പ്രശ്നം പറയുക എന്ന് പറയുന്നത് എൻ്റെ ദോത്യം അതൊന്നും ഞാൻ പറയുന്നത് മോക്ഷദ്വാരെ ദ്വാരപാല അച്ദ്വാര പരികീർത്തി സാധുസംഗമ പല സ്ഥലത്തും വരുന്നാണ് ഇവിടെ ഇനി മുമ്പോട്ട് ആവർത്തിച്ച് ആവർത്തിച്ചു മോക്ഷദ്വരെ ദ്വാരീർത്തി മോക്ഷത്തെക്കുറിച്ച് പറയും മുമ്പോട്ട് ചേരുമ്പോൾ വാസത്തി പറയും പലതരത്തിലുള്ള മോക്ഷങ്ങളെ ഇനി പറയാൻ പോകുന്നു യോഗത്തിലൂടെ സമ്പാദിക്കുന്ന മോക്ഷത്തെക്കുറിച്ച് അവിടെ അറിവിന്റെ ഒരു പ്രാധാന്യം കൊടുക്കും അതിൽ കൃത്യമായും പറയും അറിവ് കൊണ്ട് അറിവില്ലായ്മയെ എന്താണ് സ്വതന്ത്രനായി ജീവിക്കുന്നത് തന്നെയാണ് മോക്ഷം തീർക്കുന്നത് എന്ന് പറയും ആ കാഴ്ചപ്പാട് എല്ലാം പറയും വാമോക്ഷദ്വാരുക്തമോക്ഷ മാർഗത്തിന് ശരിക്കും അതിൻ്റെ ആ കവാടത്തിൽ ഗേറ്റാണ് ദ്വാരമുള്ള ദ്വാരപാലാഹ അവിടെ കാവൽക്കാരായിട്ട് ചക്വാലോ പരിഗണിക്കുന്ന നാല് പേരുണ്ടെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ആരൊക്കെയാണ് ഒന്ന് ശമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശമെന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറയാം എന്താണ് ആത്മനിയന്ത്രണം നമ്മൾ എപ്പോഴാണോ നമ്മളെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നത് ആ നിയന്ത്രിക്കേണ്ട സമയത്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കരുണങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ള അതാണ് ശമം അപ്പൊ ഏത് സമയത്താണ് നമ്മുടെ കർണങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് എപ്പോഴാണ് ഇവിടെ നേരെ വണ്ടി കയറി ഹിമാലയത്തിൽ പോയി ഒരു ഗുഹയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിയന്ത്രണവും ഒരിക്കലുമില്ല വേസ്റ്റ് ഒരു കുറവുമില്ല പിന്നെ എപ്പോഴാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ഒരു കർണങ്ങളെ ഇല്ല എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങളുണ്ട് നമുക്കറിയാം നമുക്ക് അത്യാവശ്യമുള്ളതല്ല അല്ലേ നമുക്ക് അത്യാവശ്യമുള്ളതല്ല നമുക്കിത് എത്ര പറ്റിയതുമല്ല എന്നറിഞ്ഞാലും ജനാവി ദേവേന ഹൃദയസ്ഥിതേന ഏതോ ഒരു ദേവൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയുന്നു വേണം എനിക്കത് തന്നെ വേണം കിട്ടിയാൽ ഇതാണ് പ്രലോഭനം ഈ പ്രലോഭനം നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ ആണ് എന്ത് വരേണ്ടത് ശമം പക്ഷേ ഇത് ഒരു പ്രലോഭനമാണെന്നും അത് ആവശ്യമില്ലാത്തതാണെന്നുള്ള ഇതാണ് ബോധം അതാണ് നമുക്ക് സമത്ത ഉണ്ടാകുന്നത് അതും അറിവാണേ സമത്തെ ഉണ്ടാകും എന്നോടൊരാൾ ഒരു മാസം മുമ്പ് തന്നെ എന്റെ ഒരു പരിചയക്കാരോട് പറഞ്ഞു നമുക്ക് ഇത്തവണ നമുക്കൊന്നുള്ളതല്ല എന്റെ അഭിപ്രായം ചോദിച്ചാണ് ആ കുംഭമേളക്ക് മൗനി അമാവാസിയുടെ അന്ന് അവിടെ പോയി സനാനം ചെയ്യണം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരാള് പറയും എന്തു പോയിപ്പല്ല എന്നത് സ്വാമി കൂടെ എന്റെ കൂടെ വരണം ടിക്കറ്റും ബാക്കി അല്ലാത്തത് എൻ്റെ അത് എന്നോട് പറഞ്ഞു കഥയെല്ലാം ശരിക്കും പറഞ്ഞ എന്റെ വായില് എന്റെ നാക്കി മൂലം ഗുളിക നിന്നാണോ എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞോ ഈ മൗനി അവാദത്തേക്ക് അവിടെ പോയി മുങ്ങിച്ചാവണമെന്ന് വല്ല വൃതു എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാനിപ്പോൾ ചോദിച്ചത് അപ്പോ അതങ്ങനെ പറഞ്ഞത് അവിടെ വലിയ തിരക്കാണ് ആ സമയത്ത് ഇവിടെ ഡേഞ്ചറാണ് എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല ടിക്കറ്റ് കൊടുത്തില്ല എന്തായാലും ഞാൻ പോകത്തില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ മനുഷ്യന്റെ ഉള്ളിൽ തിരിച്ചറിവുണ്ട ഇപ്പോണ്ട ആ മനുഷ്യൻ എന്താണ് ഇന്നലത്തെ ഈ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ച് എന്താണെന്നറിയാം തങ്ങനെ ഒരു കൂപ്പ് കഴിഞ്ഞ് മാത്രം ബാക്കിയുള്ള ഒരക്ഷരം എഴുതിയിട്ടില്ല ഞാൻ എന്താണ് പ്രവചനം നടത്തിയതോ ദർശനം ചെയ്തോന്നും അല്ല സാധാരണ ഒരു ലോക പരിചയച്ച് പറഞ്ഞൊരു കാര്യമാണ് അയാളെങ്ങനെ എടുത്തൊന്നും അറിയത്തില്ല എന്നെയാണെന്ന് വെച്ചാൽ സിദ്ധനാക്കുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോ പ്രലോഭനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത് ശ്രമം നിയന്ത്രണം വേണ്ട അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനം ഉണ്ടാവും അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ വിട്ടുകളായി വേണ്ടാത അതൊന്നും കൂടാതെ തന്നെ നമ്മുടെ ജീവിതം എന്താണ് വർഷത്തിൽ പറയുന്ന പോലെ ശാന്തസങ്കൽപ്പ സുമന യഥാസ്യ ശാന്തസങ്കൽപ്പനായി നല്ല മനസ്സോടുകൂടി നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ ഇത്തരം പ്രലോഭനങ്ങളിലൊക്കെ പോയി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആയുഷിനെയും ഇതൊക്കെ വെറുതെ എന്തിനാ പുണ്ണയം കിട്ടുന്നു സ്വസ്ഥമായി ജീവിച്ച പോരേ പിന്നെ അങ്ങനെ ഒരു നമ്മൾക്ക് മാനസികമായ സ്വസ്ഥത നമ്മളിൽ വരുന്നതിന് നമ്മളൊക്കെ ഓടി കിടക്കും ഞാനും ഓടി കിടന്നിട്ടു നിങ്ങളും ഓടി കിടക്കും അസ്വസ്ഥത അന്വേഷിച്ച് കുറെ ഓടി നടക്കുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണോ ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നമ്മളിൽ തന്നെ സംഭവിക്കേണ്ട കാര്യമാണ് കുറച്ച് സമയം പഠിക്കും അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ശരിയല്ലാത്തത് അതവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോളൂ എന്താണ് അനാവശ്യമായിട്ടുള്ളത് എന്താണ് പ്രലോഭനങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടത് എന്താണ് വേണ്ടാക്കത് ഇതിനെക്കുറിച്ച് മനുഷ്യർ ബോധം ഉണ്ടാക്കി പറയുന്നു പക്ഷെ അത് ഇത്തരം ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല കാരണം മനുഷ്യന്റെ അവന്റെ ഉള്ളിൽ അവന്റെ വിവേകത്തിന് തടസ്സമായിരിക്കുന്ന പ്രധാനമായിട്ടും അവന്റെ മതവും അവന്റെ രാഷ്ട്രീയവുമാണ് ബാക്കിയത് പിന്നീട് വരുന്നത് ഈ ബോധങ്ങൾ എന്താണ് അവന്റെ ശമത്തിന് തടസ്സമാണ് ഞാനും ഒരുപാട് തീർത്ഥയാത്രയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കൂടുതലും തീർത്ഥയാർ യാത്ര നടത്തിയത് ഈ തീർത്ഥത്തിന്റെ പുണ്യവും അവിടുത്തെ മോക്ഷവും പ്രതീക്ഷിച്ചല്ല പിന്നെ എന്താണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു താൽപ്പര്യം കൊണ്ടാണ് എല്ലാവരും പറയുന്നതെങ്കിലും നമുക്ക് ഒരു ആഗ്രഹം പോകും എന്നാ ഒന്ന് പോയി കാണാം ഇത്രയേ ഉള്ളൂ ഒരു ജിജ്ഞാസ് അങ്ങനെയാണ് ഇപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ അതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെയാണ് നമ്മുടെ ഗുണദോഷമൊക്കെ അത് നമ്മുടെ ശമത്തിന് സഹായിക്കുന്നത് മറ്റുള്ളവർക്ക് ടൈംപാസിലും നമ്മുടെ ജിജ്ഞാസ അനുവർത്തിക്കുള്ള ഒരാൾ പോയി കൈലാസമൊക്കെ പോയി കണ്ടിട്ടു നമ്മളോട് വർണ്ണിക്കണം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പറയുന്നത് തൊണ്ണൂറ് ശതമാനം കണ്ണമാണ് എന്നാലും ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും അപ്പൊ നമുക്ക് തോന്നും എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാം ഇത്രയേ ഉള്ളൂ പോയി കണ്ടുകഴിയുമ്പോൾ കാര്യം മനസ്സിലാക്ക തന്റെ ഉള്ളു തന്നെയാണ് തന്റെ ഏറ്റവും വലിയ തീർത്ഥ അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എന്താണ് സദാ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അത് ശമത്തിൽ അവസാനിക്കണം പ്രലോഭനങ്ങൾ വഴിപ്പെടാതിരിക്കണം അത് ഒന്നാണ് അതിനുവേണ്ടി വന്ന വിചാര നമ്മളിപ്പോ ചിന്തിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ അതിനനുസന്ധാനം ചെയ്യുന്നതാണ് വിചാരം അല്ല വേറെ ഒരു പുതിയ വിചാരവും നമ്മൾ ചിന്തിക്കുന്ന വിചാരം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന ഒക്കെ തന്നെയാണ് വിശ്വാസം ഏതൊരു ജീവിത സാഹചര്യത്തിലായാലും ശരി മനുഷ്യന്റെ മുമ്പില് രണ്ടും വരും നന്മയും വരും തിന്മയും നന്മയെ സ്വീകരിക്കാൻ പറ്റും സ്വീകരിക്കുക തിന്മയെ സൂക്ഷിക്കണം തിന്മെ എന്താണ് എല്ലാത്തിനെയും നേരിടാൻ എല്ലാ സിനിമകളെയും നേരിടാൻ പോയി കഴിഞ്ഞാൽ വല്യാപകരണ അപ്പോ കുറെ സിനിമകളായിട്ട് എന്ത് ചെയ്യുക ഒഴിഞ്ഞു പോകും പറ്റുമെങ്കിൽ ഒഴിഞ്ഞു പോകും ഒഴിയാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ നേരിടാവൂ നന്മ അങ്ങനല്ല നന്മയെല്ലാം സ്വീകരിക്കും അതൊരു വിചാരങ്ങൾ സാധിക്കും അപ്പൊ അതിന്റെ വിചാരം ആവശ്യമാണ് പിന്നെ സന്തോഷം ശരിയായ വിചാരമുണ്ടെങ്കിൽ നമ്മളിരിക്കുന്നിടത്ത് ഈ കാലത്ത് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമായിരിക്കും വിചാരമുള്ള സർ എന്താണ് സന്തോഷം തിരിച്ചറിയുന്നു എന്താണ് സന്തോഷത്തിൻ്റെ ഉപായവും തിരിച്ചറിയുന്നു ആ ഉപായത്തിലൂടെ നമ്മൾ സന്തോഷത്തെ നമ്മളിൽ തന്നെ കൊണ്ടു അതിനായിരുന്നു ആത്മീയ സന്തോഷം പറയും ആ സന്തോഷത്തെ കുറിച്ച് അത് പറയും അതും വിചാരത്തിലൂടെയും സമത്തിലൂടെയും കണ്ടെത്തുന്നു ചതുർത്ഥ സാധു സംഘമാണ് അപ്പോ അതിന് നമ്മളെ സഹായിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധു എന്ന് പറയുന്നത് പരനെ സഹായിക്കുന്നവനാണ് സാധു പരനെ എങ്ങനെ സഹായിക്കണമെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു അറിവെന്ന് പറഞ്ഞാൽ പോരെന്നും പറഞ്ഞു ആ ശരിയായാലോ ശരിയായ അറിവെന്ന് പറയുമ്പോ എന്താണോ കാല ദേശങ്ങൾക്ക് യോജിച്ച് നമുക്ക് പറ്റിയാലോ ഇവിടെ വേറെ എനിക്ക് പറ്റിയാലോങ്കിലൊന്നും എന്തായാലും നമ്മളും ജീവിക്കുന്ന കാലത്തിനും നമ്മുടെ ജീവിക്കുന്ന ദേശത്തിനും അനുകൂലമായ ശരിയായ അറിവ് ആ അറിവ് നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നു ആരിൽ നിന്നെല്ലാം കിട്ടുന്നു പ്രത്യേകിച്ച് ഒരാളില്ല അവരെല്ലാ സാധുക്കളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബാലാഗതി സുഭാഷിത്വം ഒരു ചെറിയ കുട്ടിയിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയുന്നത് പഠിക്കാൻ ഞാൻ ഇവിടെ പല കാര്യങ്ങളും പറയും ഇതിനെ നിങ്ങൾ അറിവായി കണക്കാക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പറ്റിയ അറിവ് മാത്രം സ്വീകരിച്ചാണ് ബാക്കിയുള്ള തള്ളിക്കളെ എന്തുകൊണ്ട് എല്ലാവർക്കും കൂടെ പറ്റിയൊരറിവില്ല നിങ്ങളിൽ ഒരാൾ തള്ളിക്കളയുന്ന അറിവും വേദ സ്വീകാര്യമായി നമുക്ക് ആവശ്യമുള്ള മാത്രമേ സ്വീകരിച്ചാൽ മതി എവിടെ നിന്നായാലും അതുകൊണ്ട് ഓരോ വ്യക്തിയും വേറെയാണ് ഓരോ വ്യക്തിത്വവും വേറെ ഓരോ മനസ്സും വേറെ ഓരോരുടെയും ഗ്രഹണധാരണ ശേഷി വേറെയാണ് അപ്പോൾ നമുക്കൊരിടത്തു നിന്ന് കിട്ടുന്ന അറിവെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പറ്റി സ്വീകരിച്ചാൽ മതി അല്ലാത്ത സ്വീകരിച്ചുണ്ടായി ഇത് അടിച്ചേർത്തിരുന്നാൽ അങ്ങനെ എവിടെ നിന്ന് നമുക്ക് അറിവ് കിട്ടുമ്പോൾ അതൊക്കെ സി അതിനു വേണ്ടിയിട്ടാണ് സാധു സംഗമം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവിടെ നാലാമതായി പറയുന്നു ഇതൊക്കെ ഒത്തു വരുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ ആത്മീയത എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമായി തണ്ണിലിരിക്കത്തു ഈ ആത്മീയത എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതാണ് അതുപക്ഷെ നിയന്ത്രണ വിധേയമായിരിക്കും അത് അഗ്നിയെ പോലെയാണ് അഗ്നി നിയന്ത്രണ വിധേയമാണെങ്കിൽ നമുക്കിപ്പോ വിളിച്ചെന്നിരുന്ന് പാകം ചെയ്യാൻ ഒരുപാട് ഉപയോഗിക്കും പക്ഷെ അഗ്നി നിയന്ത്രണ വിധേയം ഒരുപാടകൾ അതുപോലെ തന്നെയാണ് അത് നിയന്ത്രണ വിധേയമായിരുന്നു ആരുടെ ആരുടെ ആണോ ആത്മീയതയുള്ളത് അവന്റെ നിയന്ത്രണത്തിന് വിധേയം അങ്ങനെ അല്ലാത്ത ആത്മീയതയും അവരുടെ ആത്മീയത അഗ്നിയെ പോലെ തന്നെ അവനെ നശിപ്പിക്കും ഈ മനുഷ്യര് മരിക്കാൻ പോകുന്നു ആത്മീയതയുടെ പേരിൽ തന്നെ സംസ്കാരത്തിന്റെ പേരിൽ തന്നെ പാരമ്പര്യങ്ങളുടെയും വിശ്വാസത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പേരിൽ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യുന്നു ജീവിതം അവര് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കുന്നു തന്റെ നാശത്തിനത് വഴിവെക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് ം സന്തോഷം സാധുസംഗമം ഇത്രയും വേണമെന്നില്ലെന്നാണ് അടുത്ത് പറയുന്നത് എന്താണ് ഏതേശല്യാത്ര ചക്കുവാരോ ബുദ്ധോ പുത്രയോ അഥവാ ദ്വാരം മോക്ഷമാകുന്ന കൊട്ടാര അതിന്റെ ദ്വാരം ഉദ്ഘാടന പ്രവേശിക്കാനുള്ള ആ വാതൽ ഉദ്ഘാടനം തുറക്കുന്നു ഇതല്ല എന്ന പ്രയത്നും നേടാൻ വേണ്ടി പരിശ്രമിക്കണം ഏതൊക്കെ നാല് ശ്രമം വിചാരം സന്തോഷം സാധസം നാനും കഴിഞ്ഞില്ലെങ്കിലോ പ്രയാസപ്പെടേണ്ട യുദ്ധവും രണ്ടെണ്ണമായാലും മതി ഏതെങ്കിലും രണ്ടും ശമം മതി വിചാരവും ഇരുന്നോട്ടെ മറ്റു രണ്ടും വേണ്ട ഏതെങ്കിലും രണ്ടും മതി ത്രയോ അല്ലെങ്കിൽ മൂന്നെണ്ണമായിക്കോട്ടെ നിപതി ഒന്നായാലും മതി ഏതെങ്കിലും ഒന്നായാലും വല്ല ഫല പുല്ലുമായി തോന്നുന്നു കിട്ടിയിട്ടില്ല ഒന്നായാലും മതി ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ വേണം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാം പ്രധാനപ്പെട്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും ഒന്നും മതിയെന്ന് പറയാൻ സാധുസംഗമം എന്ന് പറയും അത് സാധുസംഗമം സംഭവിക്കണമെന്നില്ല ഒരു അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഒരു സാധുവിനെ കാണുമ്പോഴും നമുക്ക് ശത്രുവെന്നാണ് തോന്നുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ സാധുസംഗമുണ്ടാവും ഉണ്ടാവും ഇല്ല അപ്പൊ സാധു സംഗമം ഉണ്ടാവണമെങ്കിൽ സാധുവിനെ കാണുമ്പോൾ ആദ്യം അവന് തിരിച്ചറി തിരിച്ചറിവുണ്ടാവണം എനിക്ക് വേണ്ടത് ഈ അറിവാണെന്നുള്ള ബോധം ഉണ്ടാവണം അങ്ങനെ ഒരു ബോധം ഉണ്ടായി പിന്നെ സാധു സംഗമം സാധിക്കില്ല ഞാൻ ഒമ്പും ഞാൻ ആദ്യം ഉത്രകാശി ചെല്ലുമ്പോ അവിടെ ഒരു മലയാളി സോങ് ഞാനിപ്പോൾ ഓർത്തുവ ഒരു വനത്തിൽ ഒരു ചെറിയ കൊടിലും കെട്ടി കാണി താമസിച്ചു വളരെ പ്രായം തന്നെയാണ് എന്തായാലും ഇപ്പൊ ജീവിച്ചിരിക്കില്ല അവിടെ തന്നെ പുള്ളി അത് ജീവിച്ചോന്നുള്ള കാര്യം സംശയമാണ് കാരണം കാരാളം കരടികളുള്ള സ്ഥലമാണ് ഏതെങ്കിലും കരടി കൂടിയ തല്ലിക്കൊന്നും എനിക്കറിയും അപ്പോ ഞാൻ ചെന്ന് കണ്ടിട്ടാണല്ലോ തിരിച്ചറിയുന്നില്ല അപ്പോ ഒരു മലയാളി ഉണ്ടെന്നറിഞ്ഞ് ഞാൻ പോയതാണ് കാണും സംസാരിച്ചപ്പോൾ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ വലിയ സന്തോഷമായി ഗ്രാമീണ ഒരു എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക അവർക്കറിയാം പണ്ട് കാണാത്ത ഒരാളാണ് ഒരു കായികമുണ്ട് അവിടെ അവര് ഇങ്ങനെയുള്ള വ്യതിഹാസന്മാർക്ക് ആഹാരം അപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞതാണ് ഞാനീ രണ്ട് കണ്ണിനും കാഴ്ചയായിരുന്നു എന്ത് സംഭവിച്ചാണ് പറയുന്നത് ഞാൻ സാധുസംഗമു അതിനു വേണ്ടിയിട്ട് തിബത്ത് നേപ്പാള് പണ്ട് ചൈന ആക്രമിക്കുന്നതിന് മുമ്പാണ് ഇവിടെയെല്ലാം മഞ്ഞിനോടം നടന്നു നടന്നു നടന്ന് മഞ്ഞു കുഴപ്പം വരും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു മഞ്ഞിൻ്റെ ഗ്ലേസിങ് ഒരൊറ്റയടി കണ്ണിൽ കണ്ണിക്കഴിഞ്ഞാൽ പോയി കാഴ്ച പോയി നമ്മുടെ വെറ്റിന് കീഴായി അങ്ങനെ കാഴ്ച പോയി അപ്പൊ ഒരുപാട് കാലമലഞ്ഞ് കടന്നു സാധു സംഗമത്തിന് വേണ്ടി പക്ഷേ എന്നുവെച്ചാൽ സാധുക്കളെ കണ്ടില്ലെന്നാണോ എന്റെ സാധുക്കളെ നേരിട്ട് കണ്ടില്ലെന്നാണ് നേരിട്ടില്ലെന്നാണ് കണ്ടു പക്ഷെ തിരിച്ചറിയണം അപ്പൊ ഓരോരുത്തരെയും കാണുമ്പോ പുള്ളി എന്താ ഓരോ സാധുവിനെയും കാണുമ്പോൾ ഇദ്ദേഹം വിചാരിക്കില്ല എന്നാണ് ഇത് സാധുവല്ല അടുത്തവനാണ് സാധു അടുത്തവനെ കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു ഇത് സാധുവല്ല അന്ന് ഒരുപാട് പ്രഗൽഭന്മാരായ അറിയപ്പെട്ട സാധുക്കൾ ഉണ്ടായിരുന്ന കാലമാണ് പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അവരാരും അല്ല സാധു പുളേന്ദ്രനോട് പറഞ്ഞു എനിക്കൊരു സാധുവിനെയും കണ്ടെത്താൻ പറ്റുന്നു അവസാനം കണ്ണു കണ്ടെന്ന് നഷ്ടപ്പെട്ടു ഇപ്പൊ സാധുസംഗമം പ്രധാനമാണെന്ന് പറഞ്ഞാൽ സാധുവാണെന്നുള്ള തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടാവണം കാണുമ്പോ ഇത് സാധുവല്ല എന്ന് തോന്നിയാൽ പിന്നെ ഇങ്ങനെ സാധുസംഗം ഉണ്ടാവണം സംഭവിക്കുന്ന കാര്യമല്ല നല്ലത് തന്നെ അതുകൊണ്ടിത് ഓരോന്നും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല സാധുവിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു ഉപയോഗമുണ്ടല്ലോ അത് പ്രാഥമികമായ ഉപയോഗം അതിനുള്ളിലുള്ള മാത്രമേ ഇതാണ് സാർ ഇവൻ പറയുന്നതാണ് അറിവ് ഇതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള ബോധം ഉണ്ടാവും സംഭവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്ന അടുത്തെന്താ പറയുന്നത് ഏകസ്വൻ ഏകം വാ സർവയ ജയനത്താണാൻ തെക്ക് വ സമാചരം ഏതെങ്കിലും ഒന്ന് മതി ഈ പറഞ്ഞ സമുണെങ്കിൽ അത് മതി വിചാരമാണെങ്കിൽ അത് മതി സന്തോഷമാണെങ്കിൽ അതും മതി ഒന്നും വേണ്ട സന്തോഷമായിട്ട് ഇരുന്നടത്തിരിക്കുക ഇരുപറപ്പിച്ചിരിക്കുക നിങ്ങൾ ഇവിടെ കഴിയും ഇവിടെ കഴിയുമ്പോ ആധ്യാത്മികമായൊരു ജീവിതം നയിക്കും സന്തോഷമുണ്ടോ ഇവിടെ തന്നെ ഇരിക്കുക ഇരുപ്പുറപ്പിച്ചിരിക്കുക എങ്ങും പോകേണ്ട മറ്റൊന്നിനെ കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ എന്തൊക്കെയാണോ നമുക്ക് ലഭ്യമാകുന്നത് അത് മതി അത് പര്യാപ്തമാണ് ഇതിൻ്റെ അപ്പുറം ഇനി ഒരു എന്താണ് വിചാരം ഇതിനപ്പുറം ഒരു ശമം ഇതിനപ്പുറം ഒരു സാധുസംഗം അതൊന്നും ആഗ്രഹിക്കില്ല സന്തോഷമുണ്ടോ ഇപ്പോ കിട്ടിയതല്ല സന്തോഷമായിട്ട് ഒന്നുമതി ബാക്കിയെല്ലാം അവിടെ ഉണ്ടായി അതാണ് ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയുന്നതാണ് അപ്പൊ അത് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ തൃപ്തിയാണ് ആധ്യാത്മികമായ ഒരു ജീവിതത്തിലേക്ക് വന്നു കുറേ കാലം ജീവിച്ചു എന്നിട്ട് ചിന്തിക്കുകയാണ് എന്താണ് ഇവിടുന്ന് സ്ഥലം വിടാറായി അപ്രാചരി അയ്യോ ഇതുവരെ ഒന്നും നേടിയില്ലല്ലോ എന്ന് തിരിച്ചു ചിന്തിക്കാവുന്നോ എന്താണോ ഞാൻ നേടാൻ ആഗ്രഹിച്ചത് അതെല്ലാം നേടിക്കഴിഞ്ഞു ഇന്നും മാറി തിരിച്ചു ചിന്തിക്കുക എന്താണോ ഞാൻ നേടാൻ ആഗ്രഹിച്ചു അതൊക്കെ നേടിക്കഴിഞ്ഞു എല്ലാം കരഗതമായി ആത്മകാമസ്യതാസ്പൃഹ താൻ തന്നെ തന്നെ സന്തോഷിക്കുന്നു ഇനിയൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല അതിന്റെ പിന്നെ നിരാശയുടെ കാര്യമോന്നും സ്വയം വഴി പറയുന്നെങ്കിൽ തന്റെ ചുറ്റുപാടുകളിൽ പഴിച്ചമത്തുന്നെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നും മതി സന്തോഷം നല്ല കാര്യം ആർട്ടിസം സാധിക്കാവുന്നതായിട്ട് സന്തോഷമായിരിക്കുകയാണ് നമുക്ക് സന്തോഷമില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കും ഒന്ന് ചെറുതായിട്ട് എന്താണ് നമുക്ക് എന്തിൻ്റെ കുറവാണ് എന്തിൻ്റെ കുറവുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കേണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ നാട്ടിലെടുത്ത് ചിന്തിച്ച് നോക്കുക ഓരോ കാര്യങ്ങളായിട്ട് എന്തിൻ്റെ കുറവുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക എന്തിന്റെ കുറവുള്ളതോ ഒന്നിന്റെ കുറവില്ല പിന്നെ നിരാശപ്പെടുന്ന കുറവുണ്ടെന്ന് തോന്നുമ്പോഴാണ് നോക്കുന്നത് എന്തൊക്കെ നേടാനുള്ളത് ഒരു കുറവുമില്ല എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ സന്തോഷമായിട്ട് കഴിഞ്ഞു അത് മതി അതുകൊണ്ടാണ് പറയുന്നത് ഏകസ്വിൻ വശകീയാ അങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞാൽ ചത്തുവ രോഗി വശം ഇന്നെല്ലാം ഒന്ന് നേടിക്കഴിഞ്ഞാൽ എല്ലാം നേടിക്കഴിഞ്ഞു ഏതെങ്കിലും ഒരിടത്തും നമുക്ക് സംതൃപ്തി തരണം എന്നാ എല്ലാം നേടിക്കഴിഞ്ഞു എന്താ കൊണ്ടെന്ന് കഴിഞ്ഞ ദിവസം അതാ ഞാൻ പറഞ്ഞെന്താണ് സന്തോഷമായി കഴിഞ്ഞ സന്തോഷമായിട്ട് ജീവിക്കാം പിന്നെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും സന്തോഷമായിട്ടും മരിക്കും പേടിയ രണ്ടു സാധിക്കും നല്ല കാര്യമല്ലേ ഇവിടെ അതാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ സന്തോഷമായിട്ട് തൽക്കാലം നിർത്താം അടുത്ത പരിപാടി എല്ലാവരും ടൂറൊക്കെ പോയി അടിച്ചു കൊടുത്തിട്ടൊക്കെ വന്ന ശേഷം എന്നെ അറിയുമ്പോൾ ഞാൻ